नैनं छिन्दन्ति शस्त्राणि नैनं दहति पावकः न चैनं क्लेदयन्त्यापो न शोषयति मारुतः अत्यन्तव्यित्यो धर्मधर्मनो भू मिथ्याज्ञान निमित्तः सत्यवान्दयमिदये युत्य अहं यतम मम इदमिदि मे सर्वभूयोम यो निव्यवह पुणे सूक्ष्मज्ञान निमित्त व्यवहार इन्नाम दोमाधिकार अनिच അധ്യസിച്ചിട്ട് വ്യവഹാരം അധ്യാസം എന്ന് വെച്ചാൽ ഭ്രമം മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭ്രമം തന്നെ അധ്യസ്യ വ്യവഹാര മിഥ്യാജ്ഞാന നിമിത്ത വ്യവഹാരമാണ് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അധ്യാസത്തിന്റെ അർത്ഥം ഭ്രമമാണ് മിഥ്യാജ്ഞാനത്തിന്റെ അർത്ഥം ഭ്രമമാണ് പുനരുത്തി വരും വീണ്ടും പറയുക എന്നുള്ള ദോഷം വരും എന്താണ് ഇവിടെ പറഞ്ഞ മിഥ്യാജ്ഞാന നിമിത്തം എന്ന് പറയുന്നത് ഭ്രമനിമിത്തമായിട്ടാണ് വ്യവഹാരം അധ്യസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരർത്ഥം കിട്ടണമെന്നില്ല കാരണം അദ്ദേഹ വ്യവഹാരചതി ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു അപ്പോ സഞ്ചരിക്കുന്നു അത് ഭക്ഷണം നിമിത്തമാണെന്ന് വരത്തില്ല ഭക്ഷണം കഴിച്ചു അതുകൊണ്ടാണ് നിമിത്തമെന്നു ഒരു കെറിയ മുമ്പിലും ഒരു കെറിയ പരത്തിലും പിമ്പിലും അത്രേ വരത്തില്ല പുക്തകിടിച്ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഭക്ഷണം കഴിച്ച് പിന്നെ നടക്കും നടക്കുന്നതിന് ഭക്ഷണം കഴിച്ചത് ഹേതുവാകത്തില്ല പൂർവ അപരങ്ങളിലായി രണ്ട് ക്രിയകളുണ്ടെന്നേ കിട്ടും അതുകൊണ്ട് അധ്യസ്യ വ്യവഹാരം പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിന് അധ്യാസം കാരണമെന്ന് കിട്ടത്തില്ല ഭവനികാരിന്റെ അഭിപ്രായത്തിൽ മിഥ്യാജ്ഞാന നിമിത്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ഭ്രാന്തി നിമിത്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും മിഥ്യാജ്ഞാനിഥ്യാജ്ഞാനം എന്ന് പറയുന്നതിന്റെ അർത്ഥവും ഭ്രമന്ധൻ അപ്പോ പഞ്ചപാതിക വ്യാഖ്യാനവും ഭാമതി വ്യാഖ്യാനവും വരുന്ന ഏറ്റവും പ്രധാനമായൊരു വ്യത്യാസം ഇതാണ് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നതിനോട് മിഥ്യ അവിടെ ഒരു അകാരപ്രശ്ലേഷ്യം എന്നർത്ഥം എന്ന് വിഗ്രഹിച്ചർത്ഥം പറഞ്ഞു മിഥ്യ എന്ന് വെച്ച അനുരോചനീയം അജ്ഞാനം എന്ന് വെച്ചാൽ വിദ്യാശക്തി എന്ന് പറഞ്ഞു അപ്പോ ഭാമവികാരനോട് യോജിക്കുന്നു അനുവചനീയമായ വിദ്യാശക്തി നല്ല മിഥ്യ അജ്ഞാനമൊന്നുമല്ല മിഥ്യാജ്ഞാനമെന്നാണ് ഭഗവതി കാലം പറയുന്നത് മിഥ്യാജ്ഞാന മിഥ്യാജ്ഞാന എന്ന് വെച്ചാൽ യഥാർത്ഥ ജ്ഞാനമല്ല ഭ്രഹം ഇനി വരുന്ന ഭാഗങ്ങളിലും അധ്യാസം എന്ന് പറയുന്നുള്ളൂ ഭാഷ അധ്യാസം എന്ന് പറയുന്നത് ഭ്രമമാണെന്നും പറയുന്നുള്ളൂ അധ്യാസം നാമ സ്മൃതിരുവോ പരത്രപ്പോ ദുഷ്ടാസോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നു ഇതെല്ലാം വെച്ചുകൊണ്ട് ഭാവനികാരം പറയുന്നത് മിഥ്യ അജ്ഞാനമല്ല മിഥ്യാജ്ഞാനമാണ് വെച്ചാൽ ഭ്രമമാണ് അത് വ്യവഹാരത്തിന് നിമിത്തമാണ് വ്യവഹാരം എന്നൊരു ചൊരു പറഞ്ഞ വാക്കും ചിന്തയും പ്രവൃത്തിയും ഇത് ഗുണവ്യവഹാരം ഭ്രമനിമിത്തമാണ് ഒരു ജീവന്റെ വ്യവഹാരങ്ങൾക്ക് ആ സംഭവിച്ചിരിക്കുന്ന ഭ്രമമാണ് നിമിത്തം അപ്പോ ഭാഗ വ്യാഖ്യാനം ഭാഷ്യ ആശയവുമായിട്ട് കൂടുതൽ ഒത്തുപോകുന്നതാണ് ഇവിടെ പഞ്ചപാതിക വ്യാഖ്യാനത്തെ അപേക്ഷിച്ച് കാരണം മിഥ്യാജ്ഞാനം ധ്രഹം നിമിത്തം എന്ന് പറയും അവിടെ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത് അനുവദനീയമായ അവിദ്യാസക്തി എന്നെടുത്താൽ നിമിത്തമല്ല ഉപാദാനമാകും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഈ പഞ്ചപാതിക വ്യാഖ്യാനം എന്ന് പറയുന്നത് അതിനൊരു വലിയ പ്രചാരം വന്നത് അതിന് വിവരണമെന്നതിന് ഒരു വ്യാഖ്യാനം വന്നു കഴിഞ്ഞപ്പോഴാണ് വ്യാഖ്യാനം കൊണ്ടാണ് ഒരു പ്രാധാന്യം ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭാഷികമായിട്ടങ്ങനെ ഒത്തുപോകുന്ന കാര്യങ്ങളല്ല അവിടെയൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട വ്യാഖ്യാനം ഭാഗതികാരൻ്റെ എന്നാൽ അത് ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ഒരു ശിഷി എഴുതിയാണെന്ന് വിശ്വസിക്കാനും പ്രയാസം അങ്ങനെയാണ് പറയുന്നത് പത്മവാതാചാര്യ കഥയിൽ അങ്ങനെയാണ് നേരിട്ടുള്ള ശിഷി എഴുതിയുന്നതാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ടത് ശങ്കരാചാര്യരുടെ ആ ഭാഷയുമായിട്ട് ഒത്തുപോകുന്നതല്ല പല ഇനി ഭാമതിയിലും ആ പ്രശ്നമുണ്ട് ഭാമതിയും ഭാഷയുമായിട്ട് ഒത്തുപോകാത്ത ഭാഗങ്ങളൊക്കെയുണ്ട് ബഹുമതികാരൻ പലയിടത്തും ഭാഷകാരനെ തിരുത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഈ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നിടത്ത് ഭാഷയുമായിട്ട് യോജിക്കുന്നത് ബഹുമതികാരനാണ് അപ്പോ ഇവിടെ വരുന്ന രണ്ട് വാക്കുകൾ ഒന്ന് അധ്യാസം മറ്റൊന്ന് മിഥ്യാജ്ഞാനം രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ ഇത് മാത്രമല്ല പല വ്യത്യാസങ്ങളുണ്ട് ഈ ഭാഗങ്ങളിൽ പഞ്ചവാതി ഭാമനികാരനായിട്ട് പല പല കാര്യങ്ങളുണ്ട് വ്യത്യാസമുണ്ട് അത് അദ്വീതത്തില് ചർച്ച വരുന്ന വിഷയങ്ങളും എല്ലായിടത്തും അല്ല ഇവിടെ കൂടുതൽ ഭാഷ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യാഖ്യാനം ഭാമതികാരനെയാണ് മറ്റു ചിലടത്ത് പഞ്ചപാതികയും ഭാഷ്യത്തോട് അടുത്ത ഭാഗങ്ങളുണ്ട് അങ്ങനെയല്ല മാത്രം ശരിയെന്നുണ്ടോ പറയുന്നു അപ്പൊ അധ്യസ്യ വ്യവഹാരം എന്ന് പറഞ്ഞാൽ അധ്യാസം വ്യവഹാരത്തിന് നിമിത്തമാണെന്ന് കിട്ടില്ല അതുകൊണ്ട് മിഥ്യാജ്ഞാന നിമിത്ത എന്ന് പറഞ്ഞാണ് ഭാവധികാരം വ്യാഖ്യാനിക്കുന്നു മിഥ്യാജ്ഞാനം അധ്യാസമാണ് അധ്യാസ നിമിത്തമാണ് എന്തിന് വ്യവഹാരത്തിന് പറയുന്നത് മിഥ്യാജ്ഞാനം അധ്യാസ അവിടെ കൃത്യമായി പറയും അല്ലാതെ അനൂലചനീയമായ വിദ്യയല്ല തന്നിമിത്തന്ന നിമിത്ത എന്ന് വെച്ചാൽ അത് നിമിത്തമായിട്ടാണെന്താ വ്യവഹാരം അത് വിശദീകരിക്കുന്നു തദ്ഭാവ അനുവിധാന വ്യവഹാര ഭാവയോ മിഥ്യാജ്ഞാനം അല്ലെങ്കിൽ ഭ്രമം ഭ്രമസത്വേ വ്യവഹാരസത്വം ഭ്രമ അഭാവേ വ്യവഹാരഭാവം ഇങ്ങനെയൊരു നിയമമാണ് നമ്മുടെ ഭാഷകാരം പറയുന്നത് മൃത്സത്വ ഘടസത്വം മൃതഭാവേ ഘടാഭാവം അന്യവെതിരെ അതിപ്പോ വ്യക്തമായ അനുഭവത്തിൽ ഭാവിനികാരം പറയുന്നതനുസരിച്ച് നോക്കിയാൽ സുഷുപ്തി സുഷുത്വിലവിടെ വ്യവഹാരമൊന്നുമില്ല സുഷുപ്തന് വ്യവഹാരമൊന്നുമില്ല അവിടെ അധ്യാസമില്ല അധ്യാസമില്ല അവിടെ വ്യവഹാരമില്ല ജാഗ്രത്തില് സ്വപ്നത്തിലല്ല അധ്യാസമുണ്ട് വ്യവഹാരമുണ്ട് അങ്ങനെ വ്യാപ്തിയും പറയാം അല്ലെങ്കിൽ ഇനി ഭാവതികാരന്റെ അഭിപ്രായത്തിൽ ഭാവതികാര സമാധി അംഗീകരിക്കുന്ന സമാധിയില് അധ്യാസമില്ല വ്യവഹാരമില്ല ജാഗ്രത സ്വപ്നത്തിനും അധ്യാസമുണ്ട് നമ്മുടെ വ്യവഹാരമുണ്ട് അപ്പോൾ അധ്യാസം അല്ലെങ്കിൽ മിഥ്യാജ്ഞാനം അല്ലെങ്കിൽ ഭ്രമം വ്യവഹാരത്തിന് നിമിത്തമാണ് ഇത് കൃത്യമായ ഭാവതികാരന്റെ അഭിപ്രായം ഇങ്ങനെയാണ് അതാണ് മിഥ്യാജ്ഞാനം അധ്യാസ മിഥ്യാജ്ഞം എസ് അത് നിമിത്തമായിരിക്കുന്ന ഏതിനാണോ ഏതിനാണ് പറയുന്നത് തദ്ഭാവത് വ്യവഹാര ഭാവ അഭാവം തദ്ഭാവം എന്ന് വെച്ചാൽ മിഥ്യാജ്ഞാന ഭാവം മിഥ്യാജ്ഞാനസത്വേ വ്യവഹാരഭാവം വ്യവഹാരസത്വം അഭാവം മിഥ്യാജ്ഞാനാഭാവേ വ്യവഹാരഭാവം അതിനെ അനുവിധാനം ചെയ്യുന്ന വെച്ചാൽ ആ നിയമത്തെ പിന്തുടരുന്നു എന്ന് വെച്ചാൽ അന്യവേരെയുള്ള നടത്തും അനുവിധാനം ചെയ്യുക തത്സത്വേ തത്സത്വം എന്നുള്ള നിയമത്തിന്റെ അനുസരണം അനുവിധാനം പിന്തുടരുക അനിയമത്തെ പിന്തുടരുന്നു തടേവം അധ്യാസസ്വരൂപം ഫലം ച്യവഹാരമുക് പ്രകാരം എന്താണ് അധ്യാസത്തിന്റെ സ്വരൂപം അതിന്റെ ഫലം അധ്യാസത്തെ രണ്ട് രീതി പറഞ്ഞ എന്താണ് അന്യോന്യസ് അന്യോന്യാ അന്യോന്യ ധർമാം ചെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു മിഥ്യാജ്ഞാനം എന്നും പറഞ്ഞു അതാണ് എന്റെ സ്വരൂപം മിഥ്യാജ്ഞാനം എന്ന് പറയുമ്പോൾ ഭ്രാന്തി അതാണ് സ്വരൂപം ഫലം ച വ്യവഹാരം ഫലം വ്യവഹാരം എന്നർത്ഥം അതിന്റെ ഫലം എന്താണ് വ്യവഹാരം ഇത് പറഞ്ഞതിന് ശേഷം തസ് നിമിത്തമാസ്യന്ന് പറഞ്ഞാൽ അധ്യാസത്തിന്റെ നിമിത്തം പറയാണ് എന്താണ് ഇതരേതര അവിവേകേന അപ്പം ഇതരേതര അവിവേകം അധ്യാസം വ്യവഹാരം അതാണ് അധ്യാസത്തിന്റെ കാര്യമാണ് വ്യവഹാരം അധ്യാസത്തിന്റെ നിമിത്തമാണ് അതാണ് അടുത്ത ഭാഷാ അന്യോന്യസ് അന്യോന്യാത്മകന അന്യൂന്യധർമ്മം അധ്യസേതരവിവേകേന ഇത് അവിവേകേന എന്ന് പറഞ്ഞിരിക്കുന്നത് നിമിത്തത്തെ പറഞ്ഞിരിക്കുകയാണ് നിമിത്തം വിവേക ആഗ്രഹേന എന്റെ അർത്ഥം പറയുന്നത് വിവേകമെന്ന് വെച്ചാൽ ഗ്രഹണമെന്ന് വെച്ചാൽ ജ്ഞാനം ആഗ്രഹം എന്ന് വെച്ചാൽ ജ്ഞാനം ഇല്ലാതിരിക്കുക അപ്പൊ വിവേകാഗ്രഹണം എന്ന് വെച്ചാൽ ഭേദാഗ്രഹണം ഭേദം ഞാനില്ലാതിരിക്കുക എന്തിന്റെ ആത്മാനാത്മാർക്കും അവയുടെ ധർമ്മങ്ങൾക്കും ഉള്ള പരസ്പര ഭേദത്തിന്റെ ജ്ഞാനം ഇല്ല എവിടെ ആരിലാണോ അത്യാസം സംഭവിച്ചിരിക്കുന്നത് ആ വ്യക്തിയിൽ ആത്മാനാത്മാക്കളുടെ ഭേദജ്ഞാനം ഇല്ല എന്നുവെച്ചാൽ ആത്മതത്വത്തിൽ എന്നും പറയാം അപ്പൊ ഇവിടെ ഈ അത്യാസം സംഭവിക്കുന്നത് ശുദ്ധമായ ആത്മതത്വത്തിലാണോ അതോ ജീവനിലാണ് എന്നുള്ള ചോദ്യം വരും അപ്പം ശുദ്ധമായ ആത്മതത്വത്തിൽ ആണെങ്കിൽ അധ്യാസത്തിന്റെ കർത്ത എന്ന് പറയാൻ പറ്റില്ല ഇവിടെ പറഞ്ഞു അധ്യാസ വ്യവഹാര ക്രിയാഭ്യാമിയ കർത്താവും ചെയ്തു ശുദ്ധമായ ആത്മതത്വത്തിൽ പിന്നെ ഇവിടെ കർത്താവ് വരുന്നത് അല്ലെ ഇനി ശുദ്ധമായ ആത്മതത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ ഭാവനികാരം പറയുന്നത് ശുദ്ധമായ ആത്മതത്വത്തിൽ എന്ന് പറയാൻ പറ്റില്ല ശുദ്ധമായ ആത്മതത്വത്തിൽ അധ്യാസം നടക്കുന്നു ഒരു ദോഷം അവ ഒരിക്കലും ഈ അധ്യാസത്തിന്റെ നിവൃത്തി ഉണ്ടാകത്തില്ല കാരണം അധ്യാസം നിവൃത്തമാവുമ്പം കേവലം ശുദ്ധമായൊരു ആത്മതത്വം ആയിരിക്കും അപ്പോ ശുദ്ധമായ ആത്മതത്വത്തിൽ അധ്യാസം ഉണ്ടെങ്കിൽ പിന്നെ ശുദ്ധമായ ആത്മതത്വ കാരണം ജ്ഞാനം കൊണ്ട് ഭ്രാന്തി നശിക്കണം ഭ്രാന്തി നശിച്ച ശേഷിക്കുന്നതാണെന്ത് ശുദ്ധമായ ആത്മതത്വം ജ്ഞാനം കൊണ്ട് ഭ്രാന്തി നശിച്ച് ശേഷിക്കുന്ന ശുദ്ധമായ ആത്മതത്വം അവിടെ അധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വീണ്ടും അധ്യാസം സംഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ട് ശുദ്ധമായ ആത്മതത്വത്തിലാണ് അധ്യാസം സംഭവിക്കുന്നത് അതിന് ഭാഷകാരം പറയുന്നത് എന്താണ് ഇത് അനാദിയാണ് അനാദിയായ ഒരു കാര്യമാണ് അത്യാസവും അനാദിയാണ് അതിന്റെ കാര്യമായ വ്യവഹാരവും അനാദിയാണ് അനാദി എന്ന് പറയുമ്പോൾ എന്താണ് സൃഷ്ടി പ്രളയങ്ങൾക്ക് തുടക്കമില്ല അതിനൊരു തുടക്കമില്ല ആദ്യം സൃഷ്ടി ആദ്യം പ്രളയം ആദ്യ ഏതെന്നൊരു ചോദ്യം അവിടെ ചോദിക്കാൻ പറ്റില്ല അനാദി എന്ന് പറഞ്ഞാൽ ആദ്യമില്ല ആദ്യം ഇല്ലാത്തരത്ത് ആദ്യം ഏതെന്ന് ചോദിക്കാൻ പറ്റില്ല െങ്കിലും അതൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങണമെങ്കിൽ ഒരു പ്രളയം കഴിഞ്ഞു വരുന്ന സൃഷ്ടിയില് തുടങ്ങണം അതൊരു പ്രളയം കഴിഞ്ഞു വരുന്ന സൃഷ്ടിയുടെ ആദിയാണ് അതിനു മുമ്പും പ്രളയവും സൃഷ്ടികളും ഉണ്ട് തുടക്കം പറയാൻ പറ്റുന്നു അപ്പൊ ആ സൃഷ്ടിയുടെ ആദിയിൽ എന്തെയും പൂർവ പൂർവ അഭ്യാസത്തിന്റെ സംസ്കാരത്തോടുകൂടിയ ആ ജീവനിൽ ഒരു പ്രളയം കഴിഞ്ഞു വരുന്ന സൃഷ്ടിയില് വീണ്ടും വന്നുവരുന്നു അധ്യാസം വരുന്നു അപ്പൊ പൂർവ അധ്യാസത്തിന്റെ സംസ്കാരത്തോടുകൂടിയ ജീവനാണ് അധ്യാസം സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു അപ്പോ അധ്യാസത്തിന് സംസ്കാരവും കാരണം വിടെ അതിന് ഉദാഹരണം പറയുന്നു രജുവില് സർപ്പഭ്രാന്തി ഉണ്ടാകും അതൊരു ഭ്രമമാണ് ആ സർപ്പഭ്രഹ്മുണ്ടാകുന്നിടത്ത് മുമ്പ് അയാളിൽ ഉണ്ടായിരുന്ന സർപ്പസംസ്കാരം കാരണമാണ് എന്തുകൊണ്ട് രജുവിൽ സർപ്പത്തെ കാണുന്നത് മുമ്പ് അയാൾ സർപ്പത്തെ കണ്ടിട്ടുണ്ട് ഇപ്പോ അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സർപ്പ സംസ്കാരം ഉണർന്നതുകൊണ്ടാണ് സർപ്പത്തെ കാണുന്നു അതുകൊണ്ട് കിടക്കുന്ന ആ കയർ വളഞ്ഞു പൊളഞ്ഞു കിടന്നു നല്ല വെളിച്ചം ഇട്ടുപായത് പെട്ടെന്ന് എന്ത് ചെയ്തു ആ ഉളിക്കിടന്ന സർപ്പത്തിന്റെ സംസ്കാരം ഉണർന്നു ഉണർന്നിട്ട് അത് നിമിത്തമായി നിമിത്തമായിട്ട് എന്തു ചെയ്തു സർപ്പജ്ഞാനമുണ്ട് ആ സർപ്പം ഇത് സർപ്പമാണെന്നുള്ള സ്മൃതിയല്ല പക്ഷെ അതിന് കാരണമായി സ്മൃതി സംസ്കാരം ഉണ്ടാകും രജ്ജുവിന് സർപ്പമെന്നുള്ള ഞാനാത് പ്രത്യക്ഷം തന്നെ യഥാർത്ഥം അത് തന്നെയുണ്ട് ഭ്രാന്തിയാണ് പ്രത്യക്ഷം പക്ഷെ അതിന് പൂർവ്വ സംസ്കാരം അതുപോലെ ഒരു പ്രളയം കഴിഞ്ഞ് സൃഷ്ടി ആരംഭിക്കുമ്പോൾ പൂർവ്വ സംസ്കാരത്തോടു കൂടിയിരിക്കുന്ന ആ ജീവന് അധ്യാസം സംഭവിക്കുന്നു പൂർവ അധ്യാസത്തിന്റെ സംസ്കാരം അപ്പം ആത്മാനാത്മ സംസ്കാരം സംഭവിച്ചിട്ടാണ് ഞാൻ ദേഹമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത് ഞാൻ തടിച്ചവനാണ് ഞാൻ മെലിഞ്ഞവനാണെന്നൊക്കെ ബോധം ഉണ്ടാകുന്നു ആ സംസ്കാരമുള്ളതുകൊണ്ടാണ് അപ്പം സംസ്കാരത്തെ കൂടെ അവിടെ നിമിത്തമായി സ്വീകരിക്കുന്നു ഒരുപക്ഷം വേറൊരു പക്ഷത്തിനിങ്ങനെയും പറയാം എന്താണ് ശുദ്ധമായ ആ തത്വത്തിൽ തന്നെയാണ് പരമാർത്ഥ തത്വത്തിൽ തന്നെയാണ് എന്തു നടക്കുന്നത് ഈ അധ്യാസം നടക്കുന്നു അപ്പോ ചോദ്യം വരും ശുദ്ധമായ ആത്മതത്വത്തിൽ ഈ അധ്യാസം നടന്നുകഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് ഇതിന്റെ നിവൃത്തി ഉണ്ടായി കഴിഞ്ഞാൽ അത് ശുദ്ധമായ ആത്മതത്വമാണ് അവിടെ വീണ്ടും അത് സംഭവിക്കണ്ടോ എന്നൊരു ചോദ്യം വരും എന്നെ പറയാൻ പറയുന്നത് അവിടെ വിദ്യാസെന്ന് പറയുന്നത് വാസ്തവമല്ല പരമാർത്ഥമല്ല ഒന്ന് പരമാർത്ഥമായി ഒന്നും സംഭവിക്കുന്നില്ലെന്നുള്ളതാണ് ഇപ്പൊ ശുദ്ധമായ ആത്മതത്വത്തിൽ വാസ്തവത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ദോഷമെന്ന് പറയാൻ പറ്റും ഇത് മരുമരീചിയിലെ ജലം പോലെ ഇതെന്താണോ അനാദി അനന്തമായി ആത്മതത്വത്തിൽ ഇത് നടക്കുന്നുണ്ട് ഒരു ദോഷമില്ല അത് എന്തുകൊണ്ട് ദോഷമില്ല ഈ അധ്യാസം അശുദ്ധമായ ആത്മതത്വത്തെ ബന്ധിക്കുന്നില്ല അതിനെ സ്പർശിക്കുന്നില്ല അതുകൊണ്ട് ആത്മതത്വം ഭ്രാന്തമാകുന്നില്ല ആത്മാവ് അജ്ഞനാകുന്നില്ല ഇതാണ് ഭ്രാന്തിയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ഞാനും അങ്ങനെ വേറൊരു പക്ഷമുണ്ട് പല പക്ഷങ്ങളാണ് അപ്പോ ഭ്രാന്തി അറിഞ്ഞവന് ഭ്രാന്തിയില്ല എന്നാണ് മരുമരീചികയില് ജലം അത് ഒരു മരീചികയാണെന്ന് അറിഞ്ഞവൻ ഭ്രാന്തനാണ് അപ്പൊ ശുദ്ധമായ ബ്രഹ്മം ഒരിക്കലും ഭ്രാന്തമാകുന്നില്ല എന്നാണ് അവിടെ ഇത് സംഭവിച്ചിരിക്കും എന്ന് വേണമെങ്കിലും പറയാം അതൊരു പ്രക്രിയ ഭാഷകാരനെ അങ്ങനെയും വ്യാഖ്യാനിക്കുക ഭാഷകാരൻ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് രണ്ടും ഭാഷമനുസരിച്ച് വ്യാഖ്യാനിക്കും അത്യാസം എന്താണെന്നും മനസ്സിലാക്കുന്നതിനുള്ള രണ്ട് വിചാര രീതികൾ അപ്പൊ സത്യമല്ലാത്ത ഒന്ന് പരമാർത്ഥമല്ലാത്ത ഒന്ന് സംഭവിക്കുന്നോണ്ട് ആർക്കും ഒരു ദോഷവും വരാനില്ല രജ്ജുവിന്റെ സർപ്പം കടിച്ചാരും മരിക്കാറില്ല അതുകൊണ്ട് രജ്ജുവിന് സർപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ലെന്നല്ല എന്റെ അർത്ഥം പരമാർത്ഥത്തിൽ അപ്പോൾ അവിടെ പ്രാധാന്യം വരുന്നത് അങ്ങനെയൊക്കെ പറയുന്നിടത്ത് പ്രാധാന്യം വരുന്നത് ജ്ഞാനത്തിനാണ് അയാളുടെ ജ്ഞാനം എങ്ങനെയുള്ളതെന്നുള്ളതാണ് ഭ്രാന്തി അയാൾ എങ്ങനെ മനസ്സിലാക്കുന്നതാണ് തത്വത്തെ എങ്ങനെ അപ്പോൾ അറിവിൽ അവിടെ പിന്നെ ആത്മാവിനെ നിത്യമുക്തമായി തന്നെ അറിയുന്നു അപ്പോ ഭ്രാന്തി ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നയാളറിയുന്നു ഈ രീതിയിലൊക്കെയാണ് എന്റെ വിശദീകരണം അപ്പോ അധ്യാസത്തിനൊരു കാരണം പറയുകയാണ് ഇതരേതര അവിവേകം വിവേകമെന്ന് വെച്ചാൽ ഭേദം ഗ്രഹണമെന്ന് വെച്ചാൽ ജ്ഞാനം അഗ്രഹണമെന്ന് വെച്ചാൽ ജ്ഞാനാഭാവം ഇപ്പം ഭേദജ്ഞാനം ഇല്ലാത്തത് ധർമ്മങ്ങളുടെ ഭേദജ്ഞാനം ഇല്ലാത്തത് എന്ത് സംഭവിക്കുന്നത് ഇവിടെ ഈ ഇതുവരെ ചർച്ച ചെയ്ത് മുഴുവൻ ഇതിനെ അസ്മത് പ്രത്യേക ഗോചരവോ വിഷയവിഷയണോഹോ വിരുദ്ധ സ്വഭാവം എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് തമസും പ്രകാശവും പോലെ വിരുദ്ധമായ സ്വഭാവമുള്ളതാണ് അതുകൊണ്ടെന്താണ് അവിടെ ഇതരേതര ഭാവാനുഭത്വവും ഇതരേതര ഭാവം താതാത്മ്യം എന്ന് വെച്ചാൽ ഭ്രാന്തി ആണ് യഥാർത്ഥ താതാത്മ്യല്ല ഭ്രാന്തി അത് സംഭവിക്കത്തില്ല എന്തുകൊണ്ട് രണ്ടും വിരുദ്ധ സ്വഭാവങ്ങളാണ് അതുകൊണ്ട് തദ്ധ ധർമാണാമി സുധുരാമി ഇതരേതര ഭാവാനുപത്തി അതുകൊണ്ട് അവയുടെ ധർമ്മങ്ങളിലും ഒരു താതാമ്യം ഭ്രാന്തിരൂപത്തിൽ സംഭവിക്കുന്നില്ല ഇത്തതോ അസ്മത് പ്രത്യകോചര വിഷയണി ജാത്മകേ യുഷ്മത് പ്രത്യേകോചര വിഷയം ച്യാസ തദ്വിപരീണ വിഷയേണ തദ്ധർമാണ വിഷയ അധ്യാസോ മിത്യേരി ഭവതി യുക്തം അധ്യാസ സംഭവിക്കില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് രണ്ടും വിരുദ്ധമാണെന്ന് പറഞ്ഞു ഭിന്നങ്ങളാണ് ഭേദജ്ഞാനം ഉണ്ടെന്നാണ് പൂർവക്ഷി പറയുന്നത് അതാണ് ഭാഷ ഈ ഭാഗത്ത് ദീർഘമായി ചർച്ച ചെയ്ത് പൂർവക്ഷിയുടെ അഭിപ്രായം ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദജ്ഞാനം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നു അങ്ങനെയല്ല ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദജ്ഞാനം ഇല്ല ആത്മാവ് വേറെ അനാത്മാവ് വേറെയാണെന്ന് ഒരാളറിയുന്നില്ല എന്തുകൊണ്ട് ഈ ജന്മത്തിൽ പൂർവ്വജന്മത്തിൽ അധ്യാസ സംസ്കാരത്തോടുകൂടിയാണ് ഒരു ജീവൻ ജനിക്കുന്നത് അപ്പം ജനിക്കുമ്പം തന്നെ എന്തുണ്ട് അധ്യാസം സംസ്കാരം ഇരിക്കുന്നുണ്ട് അയാൾ അധ്യാസം സംഭവിക്കുന്നു ഇനി ഇതരേതര വിവേകം വന്നുകഴിഞ്ഞാലോ ആത്മാനാത്മവിവേകം അപ്പം പിന്നെ അധ്യാസമുണ്ട് ആ വിവേകമാണ് ജ്ഞാനം കൊണ്ട് അധ്യാസം നശിച്ചു ജ്ഞാനി എന്ന് പറയുന്നത് അധ്യാസത്തിൽ നിന്ന് മുക്തനാകുന്നതാണ് മുക്തി അപ്പോ അധ്യാസത്തിന് കാരണമായിരിക്കുന്ന അവിവേകത്തിന്റെ സ്ഥാനത്തായാലെന്തായിരിക്കും വിവേകമായിരിക്കും അപ്പോൾ അവിവേകമുണ്ടെങ്കിൽ ഇതിരേതര ഭേദജ്ഞാനം ഇല്ലെങ്കിൽ ഭേദ ഭേദ അജ്ഞാനമാണെങ്കിൽ അധ്യാസം ഉണ്ടാവും ഭേദം ഞാനുണ്ടായാലോ അധ്യാസം പിന്നെ അധ്യാസം പറയുന്നു ഭ്രാന്തിയാണ് ഭ്രാന്തി ഇല്ല അവിടെ പിന്നെ ഭ്രാന്തി നശിക്കുന്നു പറയാൻ പറ്റില്ല കാരണം ഭ്രാന്തി ഉണ്ടാവുന്നില്ല അത് രണ്ടു വർഷമാണ് വാക്യശ്രവണത്തിൽ നിന്ന് ഭേദജ്ഞാനം ഉണ്ടാകുന്നു കഴിഞ്ഞാൽ അത് ജാഗ്രതയിൽ തന്നെ ഉണ്ടാകണം കാരണം ബാക്കി ശ്രവണം ജാഗ്രതത്തിലാണ് സംഭവിക്കുന്നത് ഇപ്പൊ കാര്യകാരണങ്ങളെല്ലാം എന്ത് വേണം ഒരവസ്ഥയിൽ തന്നെ വേണം ശ്രവണം ജാഗ്രതയിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായ ജ്ഞാനവും എവിടെ സംഭവിക്കണം അതായത് ജാഗ്രത ശ്രവണം സംഭവിച്ചിട്ട് സ്വപ്നത്തിൽ ഞാനുണ്ടായാ പോരാ അതിന്റെ ഫലമായ ഞാനും സ്വപ്നത്തിൽ ഉണ്ടായാ പോരാ അതുപോലെ തന്നെ സ്വപ്നത്തിൽ ശ്രവിച്ചിട്ട് അതിന്റെ ഫലമായ ജ്ഞാനം ജാഗ്രത ഉണ്ടായാലും പോരാ ഇതൊരവസ്ഥയിൽ തന്നെ സ്വപ്നത്തിൽ ജ്ഞാനം ഉണ്ടായാൽ പ്രയോജനമില്ല എന്തുകൊണ്ട് ജാഗ്രത അതൊക്കെ മിഥ്യാണെന്ന് എന്തുണ്ടായും ഇപ്പൊ ജാഗ്രതയിൽ തന്നെ സംഭവിക്കണം എന്തുണ്ടാകുന്ന കാരണം അതാണ് ഇനി സമാധി വാദമാണെങ്കിൽ അവിടെ ജാഗ്രത ഞാനുണ്ടാകത്തില്ല കാരണം ഞാനെന്ന് പറയുന്നത് അവിടെ അപരോക്ഷ വൃത്തിയാണ് അങ്ങനെ ഒരു സമാധി അവസ്ഥയിൽ ഉണ്ടാകുന്ന വൃത്തിയാണ് അപരോക്ഷ വൃത്തി അപ്പൊ ബാക്കിയ ശ്രവണം കൊണ്ട് സാക്ഷാതായി ജ്ഞാനം ഉണ്ടാകത്തില്ല അതിന് സമാധി വേണം ആ പക്ഷമാണ് ദൈവത്തിന്റെ പക്ഷം ഭാമതികാരൻ്റെ അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഇതരേതരവിവേകന വിവേകജ്ഞാനം ഇല്ലാത്തതുണ്ട് ഇനി ഭാമതികാരന്റെ വ്യാഖ്യാനം പഞ്ചപാതിക വ്യാഖ്യാനവും കൂടെ വന്നിട്ട് അദ്വൈതത്തിന്റെ പല ഭാഗങ്ങളും വളരെ കുഴച്ചും മറച്ചും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത രീതി ആക്കിയിട്ടുണ്ട് പല ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ വ്യക്തമാണ് ഇപ്പൊ അധ്യാസം എന്ന് പറയുന്ന ഭ്രമം എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായ കാര്യമാണ് ഭൗമധികാരം പറയുന്നത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാണ് അതേസമയം അധ്യാസം നുവദനീയമായ വൈദ്യാശക്തി എന്നൊക്കെ പറഞ്ഞാൽ പല പല പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടാറുണ്ട് പിന്നെ അതൊക്കെ വ്യാഖ്യാനത്തിലൂടെ ശരിയാകുമ്പോൾ ഇത് വളരെ സങ്കീർണമായി ഇപ്പൊ രണ്ട് വ്യാഖ്യാനങ്ങളിലും ചിലയിടത്തൊക്കെ ഗുണമുണ്ട് ചിലയിടത്തൊക്കെ ദോഷമുണ്ട് അത്തരം വലിയ സങ്കീർണതകളൊന്നും ഭാഷയത്തിലില്ല ഭാഷകാരൻ വ്യക്തമായി വ്യക്തമായ ഭാഷയിൽ തന്നെ പറയുമതാണ് വാക്യാർത്ഥ ജ്ഞാനമാണ് ആത്മജ്ഞാനം വാക്യം തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് തുടങ്ങിയ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ആ കേൾവിൽ ഒരാൾക്കുണ്ടാകുന്ന ജ്ഞാനം അതിനാണ് ആത്മജ്ഞാനം എന്ന് ഭാഷകാരൻ പറയുന്നത് അപ്പോ വാക്യം കേൾക്കുന്ന ഇപ്പോൾ ജാഗ്രതാഗ്രത്തിൽ ഉണ്ടാകുന്ന ജ്ഞാനം തന്നെയാണ് ഇതാണ് ഭാഷകാരന്റെ ഭാഷയത്തിലുള്ള അഭിപ്രായം പക്ഷെ ഭാഷകാരൻ രചിച്ചെന്ന് പറയുന്ന മറ്റ് പ്രകടനഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് മറ്റുള്ളവർ എഴുതിയിട്ടുള്ളത് അതിലെല്ലാം ഇങ്ങനെയല്ല പറയുന്നു അതുകൊണ്ടാണ് ആൾക്കാരാകെ കൺഫ്യൂഷനാകുന്നത് ഭാഷകാരൻ പറഞ്ഞ ഏതാണ് മറ്റുള്ള ശങ്കരാചാര്യന്മാരെ എഴുതിയിരിക്കുന്ന ഏതാണ് തിരിച്ചറിയുമയ്യാത്തത് അതുകൊണ്ട് ഭാഷകാരൻ പ്രകടനഗ്രന്ഥത്തിൽ സമാധി ജ്ഞാനത്തെ കുറിച്ചും പറയും ചൂടാമണി ഭാഷയത്ത് വേറെന്ന് പറഞ്ഞു അപ്പം ആകെ ആൾക്കാർക്ക് ആകെ ആശയക്കുഴപ്പ അതൊക്കെ സംബന്ധിക്കുന്നുണ്ട് അതൊക്കെ ഭാഷക്കാരൻ സംഭവിക്കുന്നുണ്ട് വിദ്യ ദ്ധയ സജീവ വിവേക കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരിക്കലും ഇത് അദ്വൈതം പഠിക്കുന്നതോര സംശയം കൂടി കൂടി കൂടി വരും അങ്ങനെ ഒരു കുഴപ്പം വരും കാരണം പരസ്പര വിരുദ്ധമായും ഓരോരുത്തും ഓരോന്നും പറഞ്ഞിരുന്നു ഇപ്പോഴാണ് വിവേക അഗ്രഹേന വിവേകജ്ഞാനമില്ലാത്തതുകൊണ്ട് ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു അധ്യാസം ഇങ്ങനെ നോക്കി അതേ പേജ് അതുകൊണ്ട് എന്ത് വരുന്നു വ്യവഹാരവും വരുന്നു അവിടെ ഒരു പൂരോഷം അത അവിവേകസ്മാവതി ഭേദമുണ്ട് അതിന്റെ ബോധമില്ല അതുകൊണ്ടാണ് അധ്യാസം ഉണ്ടാകുന്ന ആത്മാവും അനാത്മാവും തമ്മിൽ ഭേദമുണ്ട് പക്ഷെ ആ ബോധമില്ല ഇതാണ് സിദ്ധാന്തം ഭാവനികാരൻ പറയുന്നത് ഇവിടെ പുറഷ് ചോദിക്കുകയാണ് എന്തുകൊണ്ട് അവിവേകമായക്കൂടെ എന്ന് എന്തുകൊണ്ടായികൂട ആത്മാവും അനാത്മാവും തമ്മില് താതാത്മ്യ എന്തുകൊണ്ടായിക്കൂടാ വാസ്തവ താതാത്മ്യം പറഞ്ഞു അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാകത്തില്ല അത്രയല്ല അതാണ് ചോദിക്കുന്നത് അഥാ അവിവേക ഏവകാസ്മാവതി അവിവേകം എന്ന് വെച്ചാൽ താതാത്മ്യം എന്തിന്റെ താതാത്മ്യം ആത്മാവും അനാത്മാവും കൂടെ ഒന്നും വാസ്തവ അധ്യാസം എന്ന് പറയുന്നതും ഒരു താതാത്മ്യമാണ് അത് ഭ്രാന്തിയാണ് വാസ്തവ ഇത് രണ്ടും ഒന്നായാലോ ഏവകസ്മാവതി തഥാ ചെന്ന അധ്യാസ അപ്പൊ പിന്നെ ഭ്രാന്തി ഉണ്ടാകത്തില്ലല്ലോ ഇത്യഹാദിന സമാനം പറയാണ് അത്യന്ത വിയുക്തയോട് അത്യന്ത വിയുക്തയോ ധർമ്മധർമ്മിണോ മിഥ്യാജ്ഞാന നിമിത്ത സത്യാൻതേ വിദിനീകൃത്യ അഹമിതം മമേതമിത് നൈസർഗികമായ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അത്യന്ത വിമുക്തയോ ധർമ്മധർമ്മിണോഹോ പറയുന്നു പരമാർത്ഥതോ ധർമ്മിണോഹോ അതാതാത്മ്യം വിവേക രണ്ട് ധർമ്മികളും തമ്മില് എന്താണ് പരമാർത്ഥത അതാതാത്മ്യം വാസ്തവത്തിൽ താതാത്മ്യം വരാതിരിക്കും ആത്മാവും അനാത്മാവും തമ്മിൽ ഒന്നായിരിക്കാതിരിക്കും രണ്ടു രണ്ടു തന്നെയാണ് മനസിലാക്കുന്നു ഒന്ന് സത്യവും മറ്റൊന്ന് മിഥ്യമാണ് അങ്ങനെയാണെങ്കിലും അത് രണ്ടും തമ്മിൽ എന്താണോ വാസ്തവത്തിൽ താതാത്മ്യം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ധർമ്മികളോ രണ്ട് ധർമ്മികൾ തമ്മിൽ എന്താണോ പരമാർത്ഥത അതാതാത്മ്യം അതിനെയാണ് വിവേക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഭേദം എന്ന് പറയുന്നതാണ് പരമാർത്ഥത്തിൽ ഒന്നായിരിക്കാതിരിക്കുക രണ്ടു രണ്ടായി തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് വേറെ ശരീരം വേറെ രണ്ട് രണ്ടായിത്തന്നെ ഇരിക്കുന്നു ഇതാണ് വിവേകം ഭേദം എന്ന് അതുപോലെ ധർമാണാം അസങ്കീർണത വിവേക ധർമ്മങ്ങൾ ആത്മധർമ്മം ചൈതന്യം ദയധർമ്മ സ്ഥൂലത്വം ഈ രണ്ടും തമ്മിലും അസങ്കീർണത സങ്കീർണ്ണമായി കൂടിക്കലരാതിരിക്കുക വാസ്തവത്തിൽ പരമാർത്ഥ എന്നുള്ള അവിടെയും ചേർത്ത് ഇതിനാണ് വിവേകമെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഭേദം വിവേകം എന്ന് വെച്ചാൽ ഭേദം അപ്പൊ ഈ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അധ്യാസത്തെ അംഗീകരിക്കുന്നത് ആണ് പറയുന്നത് അത്യന്ത വിമുക്തയോ ധർമ്മധർമ്മണോഹോ അത്യന്ത വിവിക്തങ്ങളാണ് ഭിന്നങ്ങളാണെന്ത് ആത്മാവും ദേവവും ഇത് രണ്ടും അത് തമ്മിൽ എന്താണുള്ളത് ഭേദമാണുള്ള അല്ലാതെ താതാത്മ്യം അല്ല പക്ഷെ അനുഭവത്തിൽ എന്താ വരുന്നത് താതാത്മ്യമാണ് ആ താതാത്മ്യം എന്താണ് അത് ഭ്രമമാണോ അപ്പോ ഭ്രമ താതാത്മ്യം ഉണ്ട് വാസ്തവ താതാത്മ്യം ഇല്ല എന്ന പറയാ ഇതിനകത്ത് ഇനി ചോദ്യങ്ങൾ വരും അതിനൊക്കെ മറുപടി പറയും ആത്മാവും ശരീരവും തമ്മിൽ വാസ്തവ താതാത്മ്യം ഇല്ല ഭേദമുണ്ട് എന്നാൽ ബ്രഹ്മരൂപത്തിലുള്ള താതാത്മ്യം ഉണ്ട് അതുകൊണ്ടാണ് സ്തുദോഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞു വരുന്നത് അതുപോലെ ആത്മധർമ്മവും അനാത്മധർമ്മവും തമ്മിൽ ഇതാണ് പറയുന്നത് ആണ് പറയുന്നത് അത്യന്ത വിയുക്തം വിയുക്തം എന്ന് വെച്ചാൽ ഭിന്നം ധർമ്മധർമ്മിണോ ഹോ ധർമ്മങ്ങൾ തമ്മിലും ധർമ്മികളും തമ്മിലും അത്യന്തമായ ഭേദമുണ്ട് അതെ പറഞ്ഞത് പരമാർത്ഥത അതാതാത്മ്യം വിവേക വിവേകം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ധർമ്മികൾ തമ്മിൽ ആത്മാവും അനാത്മാവും തമ്മിലുള്ള താതാത്മ്യം ഇല്ലാതിരിക്കുക പരമാർത്ഥ താതാത്മ്യം ഇല്ലാതിരിക്കുക അതാതാത്മ്യം ധർമാണാഞ്ച അസങ്കീർണത വിവേക ധർമ്മങ്ങൾ തമ്മിൽ സങ്കീർണ്ണമല്ല हो वस्तु हो भेदा अग्रह रजदा भेदा अग्रहे विक्त वस्तुसोद्रह निबंधन्यभ्रमो युज्युक्वेदेज्रम भ्रांकुड़परण ശുക്തികാരത്തെ ഉദാഹരണമായിട്ടെടുത്തത് വിവിക്തയോഹോ വസ്തുസത്തോഹോ ഭിന്നങ്ങളായിരിക്കുന്ന രണ്ട് പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് വാസ്തവ പദാർത്ഥങ്ങൾ വസ്തുസ്ഥാൽ വാസ്തവ പദാർത്ഥങ്ങൾ സത്തായ വസ്തുക്കൾ എന്തൊക്കെയാണ് കയറും പാമ്പും ഇതും ഒരു സത്യമാണ് കയറും ഒരു സത്യമാണ് വ്യാവഹാരിക സത്യം ഒന്നേ ഉള്ളൂ ആണ് വ്യക്തി വസ്തുസത്വവും ഭേദാഗ്രഹ നിബന്ധന ഈ ഭ്രമം ഉണ്ടാകുന്ന സമ സമയത്ത് നമ്മൾ വേറൊരു ചേരും അറിയുന്നില്ല ഭേദ ആഗ്രഹം ഭേദജ്ഞാനമില്ല ആ ഇത് കയറാണ് ഇത് പാമ്പാണെന്നുള്ള ഭേദഞ്ജാനം ഇല്ല അതാണ് ഭേദ ആഗ്രഹ നിബന്ധന ഭേദഞ്ജാനം ഇല്ലാത്തത് നിമിത്തമായിട്ടാണ് താതാത്മ്യ വിഭ്രമ അതുകൊണ്ടാണ് അവിടെ കണ്ടിട്ട് എന്തുപറയുന്നത് ഐ എം സർപ്പ അതാണ് താതാത്മ്യ ഭ്രാന്തി ദൂരെ കിടക്കുന്ന സർപ്പവും മുമ്പി കിടക്കുന്ന കയറും തമ്മിലുള്ള ഭേദജ്ഞാനം ഇല്ലാത്തത് അവിടെ എന്ത് വരുന്നു രണ്ടും മാസമാണ് ഇവിടെ താതാത്മ്യ വിഭ്രമുണ്ടാകും രണ്ടും ഒന്നെന്നുള്ള ഭേദജ്ഞാനം ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഇത് സർപ്പമാണ് ഇത് എന്ന് പറയുന്നത് കയറാണ് പക്ഷെ സർപ്പമാണെന്ന് പറയുന്നു യുജ്യത അത് ശരിയാണ് അങ്ങനെ സംഭവിക്കുക ഉദാഹരണം പറയുകാതാത്മ്യവിഭ്രമേരിവ രജതാദ്ജതാദ് ഭേദ അഗ്രഹേ രജതത്തിൽ നിന്നും ശുക്തിക്കുള്ള ഭേദജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് രജതത്തിൽ നിന്നും ശുക്തിക്കുള്ള ഭേദജ്ഞാനം ഇല്ലാതെ രജതം ഒരു സ്ഥലത്തുണ്ട് ശക്തി വേറൊരു സ്ഥലത്തുണ്ട് മുത്തുച്ചുപ്പിയ ഒരു സ്ഥലത്തുണ്ട് വെള്ളി വേറൊരു സ്ഥലത്തുണ്ട് പക്ഷെ രണ്ടും നിന്നുള്ള ഭേദജ്ഞാനം ഇല്ലാത്തത് ഒരു സ്ഥലത്ത് രജത താതാത്മ്യ വിഭ്രമ ശുക്തിൽ മുത്തിൽ എന്ന് വരുന്നു രജത താതാത്മ്യ വിഭ്രമം വരുന്നു ഇതാണ് ബ്രഹ്മസ്ഥലത്ത് സംഭവിക്കുന്നത് ഇപ്പം ഇവിടെ അംഗീകരിക്കുന്നു എന്താണ് ഭേദജ്ഞാനം ഇല്ലാത്തടത്താണ് ഭ്രാന്തി ഉണ്ടാകുന്നത് അംഗീകരിക്കുന്നു പൂർവക്ഷി മുഴുവൻ പറഞ്ഞത് എന്താണ് ആത്മാവും അനാത്മാവും ഭിന്നങ്ങളാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഭ്രാന്തി ഉണ്ടാകില്ല അതിന് സമാനമാണ് ഈ പറയുന്നത് ബ്രഹ്മം ഉണ്ടാകുന്ന എല്ലാ സ്ഥലത്തും ആണ് വേദഞ്ജാനും ഇല്ലൂടെ പറയുന്നത്